അദ്ദേഹത്തോടൊപ്പം രണ്ട് യുവാക്കളും ജയിലിൽ പ്രവേശിച്ചു അവരിലൊരാൾ പറഞ്ഞു ഞാൻ വീഞ്ഞു പിഴിയുന്നതായി ഞാൻ കണ്ടു മറ്റൊരാൾ പറഞ്ഞു എന്റെ തലയ്ക്കു ഞാൻ ഒരു റൊട്ടി ചുമക്കുന്നതായും പക്ഷികൾ അതിൽ നിന്ന് ഭക്ഷിക്കുന്നതായും ഞാൻ കണ്ടു അതിന്റെ വ്യാഖ്യാനം ഞങ്ങൾക്ക് പറഞ്ഞുതരയണമേ തീർച്ചയായും താങ്കൾ സൽഗുണശാലികളിൽപ്പെട്ടവനാണെന്ന് ഞങ്ങൾ കാണുന്നു